നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചിതരാക്കിയാൽ അവരെ സ്പർശിക്കുന്നതിനു മുൻപോ അല്ലെങ്കിൽ അവർക്ക് മഹർ നിശ്ചയിക്കുന്നതിനു മുൻപോ ആണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കുറ്റവുമില്ല എന്നാൽ അവർക്ക് ഉപജീവനമാർഗം നൽകുക സമ്പന്നൻ തൻറെ ശേഷിക്കനുസരിച്ചും ദരിദ്രൻ തൻറെ ശേഷിക്കനുസരിച്ചും മാന്യമായ രീതിയിൽ നൽകട്ടെ സൽക്കരിക്കുന്നവർക്ക് അത് നിർബന്ധമാണ്